ഭൂമിയിലുള്ള ഭൂരിഭാഗം ആളുകളെയും നീ അനുസരിച്ചാൽ അവർ നിന്നെ അള്ളാഹുസുബാനഹുഅലായുടെ മാർഗ്ഗത്തിൽ നിന്ന് വഴിതെറ്റിക്കും അവർ വെറും ഊഹങ്ങളെയാണ് പിന്തുടരുന്നത് അവർ ഊഹങ്ങൾ പറയുക മാത്രമാണ് ചെയ്യുന്നത്